ആകാശഭൂമികളെ സൃഷ്ടിച്ച ദിവസം അള്ളാഹുസുബഹാനുഹുവച്ച ആലയുടെ വേദഗ്രന്ഥത്തിൽ മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ടായി നിശ്ചയിച്ചിരിക്കുന്നു അതിൽ നാലെണ്ണം പവിത്രമായ മാസങ്ങളാണ് അതാണ് നേരായ മാർഗം അതിനാൽ ആ മാസങ്ങളിൽ നിങ്ങൾ നിങ്ങൾക്കു തന്നെ ചെയ്യരുത് ബഹുദൈവ വിശ്വാസികൾ മുഴുവനായി യുദ്ധം ചെയ്യുന്നതുപോലെ നിങ്ങളും അവരോട് മുഴുവനായി യുദ്ധം ചെയ്യുക തീർച്ചയായും അള്ളാഹുസുബഹാനുഹുവറ്റ ആല ഭയഭക്തിയുള്ളവർക്കൊപ്പമാണെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക